പിന്നെ ഭാഷ്യത്തിൽ പറയുന്ന വ്യാകരണം മനസ്സിലാക്കാൻ പ്രയാസമാണ് പിന്നെ ഇനി ബാമതി പറയാൻ പോകുന്ന അതിന് കടുത്ത വ്യാകരണമാണ് അത് വായിച്ചിട്ട് അർത്ഥം ഇവിടെ വിശദീകരിച്ചിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയോജനം ആർക്കെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പറയണമെന്നുള്ളതാണ് എന്റെ സംശയം പറഞ്ഞാ ഒന്നും മനസ്സിലാകത്തില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം ഒന്നും മനസിലാകാത്ത കാര്യം പറഞ്ഞിട്ട് എന്താ കാരണം പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും മനസിലാക്കുന്നവരടുത്ത് ചർച്ച ചെയ്യുമ്പോ അതിൻ്റെ ഒരു രസം വരും പറയുന്നവർക്ക് അല്ലെങ്കിൽ പറയുന്ന ആളും ഉറങ്ങും കേൾക്കുന്നവരും ഉറങ്ങും മനസ്സിലാകില്ല എന്നുള്ളത് എന്തായാലും ആ ഭാഷ്യഭാഗം ഞാൻ ഒരിക്കലൂടെ പറയാം ബഹുമതി പറഞ്ഞിട്ടെന്താ കാര്യം അത്രയും മനസിലാക്കിയ വലിയൊരു ഉപകാരമാണ് ഭാഷ്യം മനസ്സിലാക്കിയ ബ്രഹ്മണോ ജിജ്ഞാസ ബ്രഹ്മജിജ്ഞാസ കർമ്മണി ഷഷ്ടിയാണ് ഷഷ്ടി സമാസമാണ് രണ്ടു കാര്യം തിരിച്ചറിയണം ബ്രഹ്മണ എന്ന് പറയുന്ന ഷഷ്ടിയാണ് പറഞ്ഞ ഷഷ്ടി സമാസമാണ് രാജ്ഞ പുരുഷ രാജാവിന്റെ പുരുഷൻ എന്ന് പറയുമ്പോൾ അതില് ബ്രഹ്മണ എന്ന് പറയുന്ന ആ ഷഷ്ടി എന്താണെന്നാണ് ഇവിടുത്തെ സംശയം അത് രണ്ടു തരത്തിലുണ്ട് ഷഷ്ടി ശേഷേ ശേഷ ഷഷ്ടി അതുകൊണ്ട് കർമ്മണി ഷഷ്ടിയാണ് ഇവിടെ എന്ത് ഷഷ്ടിയാണ് കർമ്മണി ഷഷ്ടി ഇത്രയാണ് ഇനി മനസ്സിലാക്കുന്നത് അവിടെ പറയുന്നത് ബ്രഹ്മജപക്ഷ്യമാണ് ലക്ഷണം അതിന്റെ ബ്രഹ്മ എന്തെന്നുള്ള ഇനി പറയും ജന്മാദ്യസേതീ അത് അതിന്റെ ലക്ഷണമാണ് അതേ വെച്ചാ ഞാൻ ബ്രഹ്മശബ്ദാദി അർത്ഥാന്തരം ആച്ചു അപ്പൊ ബ്രഹ്മശബ്ദത്തിന് ജാതി തുടങ്ങി വേറെ അർത്ഥം ഒന്നും എടുക്കരുത് അതൊക്കെ മനസ്സിലാവുന്ന കാര്യമാണ് കർമ്മണി ഷഷ്ടിന്റെ ശേഷി ബ്രഹ്മെന്ന് പറഞ്ഞാൽ കർമ്മണി ഷഷ്ടിയാണ് ശേഷി ഷഷ്ടിയല്ല ഈ കാര്യം തന്നെ വ്യാകരണം അറിയാത്ത ഒരാളിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു വഴിയില്ല മനസിലായത് ഏ കർമ്മണിഷ്ടിയല്ല അല്ല ശേഷേ അല്ല കർമ്മിഷ്ടി എന്ന് പറഞ്ഞാൽ സൂത്രങ്ങളൊക്കെ പഠിച്ചതിന്റെ അർത്ഥമൊക്കെ കൃത്യമായി മനസ്സിലുള്ളവരാണ് ഇത് മനസ്സിലാവും ഇതിന്റെ അപ്പുറമുള്ള വ്യാഖ്യാനം പിന്നെ എന്ത് മനസ്സിലാക്കാൻ ജിജ്ഞാസ്യപേക്ഷത്വ ജിജ്ഞാസായ അതായത് ജാതി അറിയുന്നതിനുള്ള ആഗ്രഹത്തേണെന്തുപറയുന്നു ഇച്ഛ അതിനെ തന്നെ നോക്കുകയാണ് അറിയുന്നതിനുള്ള ആഗ്രഹം ആഗ്രഹത്തിന്റെ വിഷയം എന്താണ് അവിടെ ആഗ്രഹത്തിന്റെ വിഷയം എന്താണ് അറിവ് അറിയുന്നതിനുള്ള ആഗ്രഹം എന്ന് പറയുമ്പം എന്തിനുള്ള ആഗ്രഹം അറിയുകയാണ് അപ്പൊ അറിവാണ് ആഗ്രഹത്തിന്റെ വിഷയം അറിവിന്റെ വിഷയം എന്താണ് ബ്രഹ്മ ഇത് വേറെ തിരിച്ചറിയണം കാരണം ഈ ബ്രഹ്മം എന്ന് പറയുന്നത് അറിവ് തന്നെ പക്ഷെ ബ്രഹ്മജ്ഞാനം എന്ന് പറയുമ്പോ എന്താണ് ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവ് അറിവിനെ കുറിച്ചുള്ള അറിവ് അങ്ങനെ പുസ്തകജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകത്തെക്കുറിച്ചുള്ള അറിവ് അവിടെ പുസ്തകം ജഡമാണ് അറിവ് വേറെയാണ് പക്ഷെ ബ്രഹ്മജ്ഞാനം എന്ന് പറയുമ്പോൾ അറിവാണ് അതിന്റെ അറിവാണ് അപ്പൊ അതറിവിനെ കുറിച്ചുള്ള അറിവാണ് വ്യത്യാസമുണ്ട് അപ്പൊ ആഗ്രഹം അപ്പൊ എന്താഗ്രഹം അറിയുന്നതിനുള്ള ആഗ്രഹം എന്തിനെ അറിയുന്നതിനുള്ള ആഗ്രഹം ബ്രഹ്മത്തെ അങ്ങനെ മനസിലാവും അപ്പം ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള ആഗ്രഹം അപേക്ഷത്വ ജിജ്ഞാസ ജിജ്ഞാസ എന്ന് പറയുമ്പോ അറിയാനുള്ള ആഗ്രഹം എന്ന് പറയുമ്പോ എന്തിനാണോ അറിയേണ്ടത് എന്നുള്ളവരും അതിനാണ് എന്ന് പറയുന്നത് എന്തിനാണോ അറിയേണ്ടത് അതാണ് അപ്പൊ അതിനറിയാനുള്ള ആഗ്രഹം അപ്പൊ ഇവിടെ എന്തിനറിയാനുള്ള ആഗ്രഹം ഇവിടെ എന്തിനറിയാനുള്ള ആഗ്രഹമാണ് വേറെ ഇവിടെ കാണിക്കുന്നില്ല അപ്പൊ ഈ അർത്ഥം കർമ്മണി ഷഷ്ടി എന്ന് പറയുമ്പം അറിയേണ്ടത് ബ്രഹ്മമാണെന്ന് നേരിട്ട് കിട്ടുന്നു എന്നാണ് ഇവിടെ പറയാൻ താല്പര്യപ്പെടുന്നത് അതിനാണോ അതിന്റെ വ്യാകരണത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ജിജ്ഞാസ്യന്തരാണ് നിർദ്ദേശ ഇവിടെ ജിജ്ഞാസ്യാന്തരം മറ്റൊരു ജിജ്ഞാസ്യം അറിയാനുള്ള മറ്റൊന്നിനും ഇവിടെ നിർദ്ദേശിക്കുന്നുണ്ട് ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്നുണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന എന്തിനെ തന്നെ ബ്രഹ്മ അതുകൊണ്ട് ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത് കർമ്മമാണ് കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തി എന്നുള്ള അർത്ഥത്തില്ല കർമ്മം എന്ന് പറഞ്ഞെന്താണ് വ്യാകരണത്തിലുള്ള കർമ്മമാണ് കർമ്മ രണ്ടു തരത്തിലുണ്ട് ഒരു കർമ്മത്തിന്റെ അർത്ഥം പ്രവൃത്തി വ്യാകരണത്തിലുള്ള കർമ്മം എന്ന് പറയുന്നത് എന്താണ് ഓബ്ജക്ട് സബ്ജെക്ട് ഓബ്ജക്റ്റ് എന്ന് സ്കൂളിൽ പഠിക്കില്ലേ ആ ഓബ്ജെക്റ്റിന് കൂടെ കർമ്മവും അറിവിന്റെ ഓബ്ജക്റ്റാണ് ബ്രഹ്മത് ആ കർമ്മത്തെ കാണിക്കാനാണ് ഇവിടെ ഷഷ്ടി പ്രയോഗിച്ചത് ബ്രഹ്മണ എന്ന് മനസ്സിലാക്കുന്നു അറിവിന്റെ ഓബ്ജക്റ്റാണെന്ത് ബ്രഹ്മം ആ ബ്രഹ്മത്തെ അങ്ങനെ കാണിക്കാൻ വേണ്ടി അവിടെ ഓബ്ജക്ട് എന്നുള്ള അർത്ഥത്തിലുള്ള ഷഷ്ടി പ്രയോഗിച്ചു കർമ്മശേഷ ഓബ്ജക്ട് എന്നുള്ള അർത്ഥത്തിലുള്ള ഷഷ്ടിയാണ് പറയുന്നത് ഇനി സംബന്ധാർത്ഥത്തിൽ ഷഷ്ടിയുണ്ട് രണ്ട് ഷഷ്ടിയുണ്ടെന്നൊക്കെ പാണിനി ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് കർമ്മണിഷ്ടിയും ശേഷഷ്ടിയും ശേഷ സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം സംബന്ധാർത്ഥത്തുള്ള സൃഷ്ടി അതാണ് ശേഷ സൃഷ്ടി പരിഗ്രഹേ ബ്രഹ്മണോ ജിജ്ഞാസകർമ്മത്വൻ്റെ വരുത്തി ശേഷ സൃഷ്ടി നടത്താൻ എന്താണോ ഒരു നിയമമുണ്ട് സാമാന്യസ്യ സംബന്ധ സാമാന്യസ്യ സംബന്ധം എന്ന് പറയുമ്പോ എന്ത് സംബന്ധവും ആകാം ബ്രഹ്മം കർമ്മമാണ് ജിജ്ഞാസയുടെ കർമ്മമാണ് ബ്രഹ്മം അപ്പോ അവിടെ സംബന്ധാർത്ഥം എടുത്താലും മതി കർമാർത്ഥം എടുക്കണമെന്നില്ലെന്നാണ് പറയുന്നത് പൂർവപക്ഷി സംബന്ധാർത്ഥമെടുത്താലും കർമ്മം എന്നുള്ള അർത്ഥം കിട്ടുമെന്നാണ് പറയുന്നത് അങ്ങനെ ശേഷ ഷഷ്ടി പരിഗ്രഹയവി ശേഷ ഷഷ്ടി എടുത്തുകഴിഞ്ഞാലും ബ്രഹ്മണോ ജിജ്ഞാസാകർമ്മ വിധത്തിലേ ബ്രഹ്മം തന്നെയാണ് ജിജ്ഞാസയുടെ കർമ്മം കർമ്മഷ്ടിയെടുത്താലും ബ്രഹ്മ തന്നെ കർമ്മം ശേഷ സൃഷ്ടി എടുത്താലും ബ്രഹ്മൻ തന്നെയാണ് കർമ്മം എന്തുകൊണ്ട് സംബന്ധ സാമാന്ജസ്യ വിശേഷം നിഷ്ടത്വം സംബന്ധം എന്ന് പറയുമ്പോ അത് ഏതുമാകാം കർമ്മമാകാം രണ്ടെടുത്താലും ഫലം ഒന്ന് തന്നെ ജിജ്ഞാസയുടെ കർമ്മം എന്തായിരിക്കും ബ്രഹ്മ കർമ്മണി സൃഷ്ടിയെടുത്താൽ ശേഷ ഷ്ടിയെടുക്കാൻ തോന്നുന്നുണ്ടെന്നാണ് അപ്പൊ എന്തുകൊണ്ട് ശേഷ സൃഷ്ടിയായി കൂടാണെ ചോദ്യം അതിനുസമാനം പറയുന്നു അങ്ങനെയൊക്കെയാണെങ്കിലും പ്രത്യക്ഷം ബ്രഹ്മണ കർമ്മത്വ ഉത്സൃജിയാകും സാമാന്യദ്വാരേണ പരോക്ഷം കർമ്മത്വം കൽപ്പയതോ വർദ്ധ പ്രയാസം കർമ്മണം ഷ്ടിയെടുത്തു കഴിഞ്ഞാൽ പ്രയോജനം എന്താണ് ബ്രഹ്മം നേരിട്ട് കർമ്മമാണെന്നുള്ള അർത്ഥം കിട്ടും ജിജ്ഞാസയുടെ ഴിഞ്ഞാലോ സംബന്ധത്തിൽ കർമ്മം ഉൾപ്പെടുന്നതുകൊണ്ട് ജിജ്ഞാസയുടെ കർമ്മവും കിട്ടും പളഞ്ഞ വഴിയില് അപ്പം നേരിട്ട് ജിജ്ഞാസയുടെ കർമ്മമാണ് ബ്രഹ്മെന്ന് പറയുന്നാണ് പ്രത്യക്ഷകർമ്മ സമ്മദ്ധ എടുത്തിട്ട് സംബന്ധത്തിൽ കർമ്മവും പെടും അതുകൊണ്ട് ജിജ്ഞാസയുടെ കർമ്മമാണ് ബ്രഹ്മം എന്ന് പറയുന്നതാണ് പരോക്ഷകർമ്മത്തെ അപ്പൊ പ്രത്യക്ഷ ധർമ്മത്വവും പരോക്ഷധർമ്മത്വവും വരുമ്പോ പ്രത്യക്ഷ ധർമ്മത്വത്തെ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ കർമ്മണി ഷഷ്ടിയായി സ്വീകരിക്കണം സംബന്ധാർത്ഥത്തിലുള്ള ഷഷ്ടിയായി സ്വീകരിക്കാൻ പാടില്ല എന്താ മനസ്സിലാവുന്നുണ്ടോ എന്താണ് വർഗമെന്നെ എന്താണ് പഠിച്ചാണെന്ന് പറഞ്ഞു കർമ്മനെ സൃഷ്ടിയെടുത്താലും സംബന്ധ സൃഷ്ടിയെടുത്താലും എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞു എന്ത് മനസിലായി ആ കർമ്മനുസൃഷ്ടി എടുത്ത് നേരിട്ട് കർമ്മം ഒന്ന് കിട്ടും ശേഷിയ സൃഷ്ടി എടുത്തു കഴിഞ്ഞാൽ പരോക്ഷമായിട്ട് എന്ന് വെച്ചാൽ സംബന്ധത്തിൽ കർമ്മം ഉൾപ്പെടുന്നു അങ്ങനെ കർമ്മം ഒന്ന് കിട്ടും അതുകൊണ്ട് ഭാഷകാലം പറയും നേരിട്ട് കർമ്മനു സൃഷ്ടി എടുക്കും ഇത്രേയുള്ളൂ ആ ാണ് ഏവേ മോമി പ്രത്യക്ഷം ബ്രഹ്മണ കർമ്മത്വസൃജ്യം കർമ്മണി ഷഷ്ടി എടുക്കുമ്പോൾ പ്രത്യക്ഷമായി തന്നെ കർമ്മത്വം കിട്ടും അതിനെ വിട്ടിട്ട് സാമാന്യദ്വാരണ പരോക്ഷം കർമ്മത്വം കൽപ്പേതു സംബന്ധ സൃഷ്ടി അർത്ഥം എടുത്തുകഴിഞ്ഞാൽ സാമാന്യമായി സംബന്ധം എന്നുള്ളൊരർത്ഥം വരും അതിൽ കർമ്മത്വവും വരും ആ സംബന്ധത്തിൽ അപ്പൊ അങ്ങനെ പരോക്ഷമായി ബ്രഹ്മർമ്മം വരും സാമാന്യം ദ്വാരയാണ് പരോക്ഷം കർമ്മത്വം കൽപ്പിതോ വൃദ്ധ പ്രയാസ ഇത് കൂടുതൽ പ്രയത്നം വേണ്ടിവരും ശബ്ദബോധത്തിന് പ്രയത്നം കൂടുതൽ വേണ്ടിവരും നേരിട്ട് അർത്ഥത്തെടുക്കുക പളഞ്ഞ വഴിക്ക് അർത്ഥത്തെടുക്കുക അതിന് ദ്രവിഡപ്രാണായാമം എന്ന് പറയും ദ്രാവിഡെന്നു പറഞ്ഞാലും കുഴപ്പമില്ല കുഴപ്പമൊന്നു ദ്രവിഡ പ്രാണായാമം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങനെ പിടിച്ച് ചെയ്ത വളഞ്ഞോഴി നർത്ത പൂർവ്വക്ഷണം പറയുന്ന വ്യർത്ഥമല്ല ബ്രഹ്മ ആശ്രിത അശേഷ വിചാരപ്രതിജ്ഞാനിത്തി അതായത് ഇവിടെ കർമ്മണി ഷഷ്ടിയല്ല സംബന്ധ അർത്ഥത്തിലുള്ള ഷഷ്ടി നടത്തുകഴിഞ്ഞാൽ ബ്രഹ്മത്തിൽ കർമ്മവും കിട്ടും മറ്റു പല കാര്യങ്ങളും കിട്ടും ബ്രഹ്മസംബന്ധിയായിട്ടുള്ള പല വിചാരങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യം എന്താണ് ഭാമതിന് നേരത്തെ പറഞ്ഞു ബ്രഹ്മസ്വരൂപത്തെ കുറിച്ചുള്ള വിചാരം ബ്രഹ്മത്തിന്റെ പ്രമാണത്തെക്കുറിച്ചുള്ള വിചാരം യുക്തിയെക്കുറിച്ചുള്ള വിചാരം പ്രയോജനം ഇതെല്ലാം കിട്ടും ഇപ്പൊ സംബന്ധം എന്ന് പറയുമ്പോ പല അർത്ഥത്തെ എടുക്കാം കർമ്മം എന്ന് പറഞ്ഞാൽ കർമ്മത്തെ എടുക്കാൻ പറ്റും പൂർവ് പറയുന്നു വ്യർത്ഥ സംബന്ധാർത്ഥം എടുക്കുന്ന വ്യർത്ഥമില്ല എന്തുകൊണ്ട് ബ്രഹ്മ ആശ്രിത ബ്രഹ്മത്തെ ആശ്രയിച്ചുള്ള അശേഷ വിചാര പ്രതിജ്ഞാനാർത്ഥ എല്ലാ അശേഷ വിചാരം എല്ലാ വിചാരങ്ങളെയും ഈ സൂത്രത്തിൽ പ്രതിജ്ഞയുന്നു അതായത് മുമ്പോട്ട് ജനുവും ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള എല്ലാ വിഷയങ്ങളെയും എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള വിചാരമാണ് ബ്രഹ്മസ്വരൂപത്തെക്കുറിച്ചുള്ള വിചാരമല്ല ബ്രഹ്മത്തിന് എന്താണ് പ്രമാണം എന്താണ് യുക്തി എന്താണ് പ്രയോജനം ഇങ്ങനെ കാര്യങ്ങളും വിചാരം ചെയ്യുമെന്ന് ഇവിടെ പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് വരും എന്നാണ് ഇത് ചെയ്യുന്ന അതിനെ അങ്ങനെയാണെങ്കിൽ സംബന്ധ അർത്ഥത്തെടുക്കേണ്ട കാര്യമില്ല അത് കർമ്മണി ഷൃഷ്ടിയാണ് എന്തുകൊണ്ട് പ്രധാന പരിഗ്രഹയെ തദാപേക്ഷിതാനാം അർത്ഥാക്ഷിപ്തത്വ മുഖ്യമായ അർത്ഥത്തെ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം സ്വയം വന്നുചേരും അപ്പം ഇവിടെ കർമ്മണി ഷഷ്ടി എടുത്തിട്ട് ബ്രഹ്മമാണ് മുഖ്യമായി വിചാരം ചെയ്യേണ്ടത് ബ്രഹ്മമാണ് വിചാരത്തിന്റെ കർമ്മം ഒന്നെടുത്തുകഴിഞ്ഞാൽ ബാക്കി ബ്രഹ്മസംബന്ധിയായിട്ടുള്ള എല്ലാം അർത്ഥാസിദ്ധി അർത്ഥാവത്തിയിലൂടെ ബ്രഹ്മവിചാരത്തിൽ അത് വേണ്ട ഉൾപ്പെടും അതിനുവേണ്ടിയിട്ട് കർമ്മണി സൃഷ്ടി മാറ്റിയിട്ട് സംബന്ധസൃഷ്ടി എടുക്കേണ്ട കാര്യമില്ലെന്നാണ് ഭാഷകാരം പറയുന്നത് പ്രധാനത്തെ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാതിനോടൊപ്പം പ്രധാനമല്ല നിർബണന്യായം എന്ന് പറയും എന്താണ് പ്രധാനമല്ല ദൃഭാണ് ന്യായം എന്ന് പറയുന്നു എന്താണ് പ്രധാനമല്ല ദൃഭാണ് ന്യായം എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ഗുസ്തി മത്സരം നടക്കുകയാണ് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ അപ്പോ ഒരുപക്ഷേതാവ് വന്നിട്ട് പറയാണ് ആരുണ്ടടാ ഞങ്ങളെ തോപ്പിക്കാൻ ഞങ്ങൾ ഇത്രയും പേരുണ്ട് അവൻപ്രീ നിങ്ങളുടെ നേതാവ് ആരാണ് ഞാൻ തന്നെ നേതാവ് ശരി നിന്നെ തോപ്പിച്ചെല്ലാവരും തോപ്പിച്ചതിന്യമാവും സമ്മതിച്ചു സമ്മതിച്ചു അവൻ വന്ന് പിടിച്ചു അവനെ തോപ്പിച്ച് എല്ലാവരും തോറ്റു അന്ന് പ്രധാനമല്ല നിർബണന്യായം പ്രധാനമല്ലിനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ സർവരും തോറ്റ നല്ല നിർബണം പരാജയപ്പെടുത്തുക അതാണ് ഇവിടെ പറയുന്നത് എന്താണ് വിചാരത്തിന്റെ വിഷയമെന്ത് ബ്രഹ്മം എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെ വിചാരം ചെയ്യണോ അതെല്ലാം അർത്ഥാത് കിട്ടും അതിനുവേണ്ടിയിട്ട് സംബന്ധാർത്ഥമൊന്നും എടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഭാഷകാരന് നിർബന്ധങ്ങളോട് കർമ്മണി ഷഷ്ടിയാണ് ശേഷി ഷഷ്ടി അല്ല അതാണ് പ്രധാന പരിഗ്രഹയെ പ്രധാനത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ തദ്പേക്ഷിതാനാം അതിനെ അപേക്ഷിച്ചുള്ള എല്ലാം അർത്ഥ അക്ഷിപ്തത്വം അർത്ഥാപത്തിയിലൂടെ കിട്ടും എന്ന് വെച്ചാൽ അത് സ്വാഭാവികമായിട്ടും വന്നു കഴിഞ്ഞാൽ നടത്തും എന്താണ് പ്രധാനം ജ്ഞാനം കൊണ്ട് പ്രാപിക്കാൻ ഇഷ്ടതമമായിരിക്കുന്ന എന്താണ് ബ്രഹ്മമാണ് ബ്രഹ്മജ്ഞാനപ്രാപ്തിക്ക് വേണ്ടിട്ടാണ് ഇവിടുത്തെ എല്ലാ വിചാരം ബ്രഹ്മജ്ഞാനപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ വിചാരം ഇനി വരുന്ന ബ്രഹ്മസൂത്രത്തിന്റെ ഇനി വരുന്ന മുഴുവൻ വിചാരവും ബ്രഹ്മജ്ഞാനപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് അപ്പോ അതിനോടൊപ്പം ബാക്കിയുള്ള കാര്യങ്ങളും എന്താണ് അതിന്റെ പ്രയോജനം എന്താണ് എന്താണ് അവിടുത്തെ യുക്തികൾ തുടങ്ങിയ <todayya> ജിജ്ഞാസാകർമ്മം അതിൽ പ്രധാനമായിരിക്കുന്ന ജിജ്ഞാസാകർമ്മത്തെ ഗ്രഹിച്ചാൽ നിത് പ്രധാനമായിരിക്കുന്ന ബ്രഹ്മത്തെ കഴിഞ്ഞാൽ ഏര് ജിജ്ഞാസതയിൽ വിനാ ബ്രഹ്മജിജ്ഞാസിനോതി മറ്റേതിനെയൊക്കെ കുറിച്ച് വിചാരം ചെയ്യാതെ ബ്രഹ്മവിചാരം സാധ്യം പൂർണ്ണമാകത്തില്ലയോ മറ്റ് പല വിചാരങ്ങളും ബ്രഹ്മവിചാരം പൂർണ്ണമാകും മറ്റ് വിചാരങ്ങളെന്ന് പറയുന്നത് എന്താണ് എന്താണ് ഇതിന്റെ പ്രയോജനം എന്ന് വിചാരം ചെയ്യണം എന്താണ് ഇവിടുത്തെ യുക്തികളെന്നറിയണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏത് വിഷയങ്ങളെ കൂടാതെ ബ്രഹ്മ ജജ്ഞാസിതന്റെ ഭവതി ബ്രഹ്മ വിചാരം അവയെല്ലാം മറ്റുള്ളവയെല്ലാം അർത്ഥാക്ഷിപ്താൻ ഇവ അർത്ഥാത് കിട്ടുന്നവയാണ് ഇതിനോടൊപ്പം തന്നെ കിട്ടുന്നതാണ് പ്രമാണെന്ന് പറയുന്നില്ല പ്രത്യേകിച്ച് സൂത്ര ചെയ്ത അതിനുവേണ്ടി പ്രത്യേകിച്ച് സൂത്രത്തിന്റെ ആവശ്യമില്ല എന്നുവെച്ചാൽ സംബന്ധ ഷഷ്ടിയുടെ ആവശ്യമില്ല കർമ്മി മതി കർമ്മസഷ്ടൂടെ വിചാരം ചെയ്യുന്ന ബ്രഹ്മമാണെന്ന് കിട്ടിയ ബാക്കിയുള്ള എല്ലാം അതിനോടൊപ്പം വന്നുചേരും പ്രത്യേകിച്ച് അതിനു വേണ്ടിയിട്ട് ഇവിടെ സമ്പന്ധഷ്ടിയുടെ ആവശ്യമില്ല അപ്പം ബ്രഹ്മൺ അപ്പൊ ഇത്രയാണ് മനസിലാക്കേണ്ടത് അനുദാണോ പറയുന്നത് ഒരാള് പറയുന്നു രാജാവ് പോകുന്നു എന്ന് പറഞ്ഞാൽ രാജാവിന്റെ സിങ്കിടികളെല്ലാം കൂടെ പോകുന്നു എന്നുള്ള പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ രാജാവ് ഒറ്റക്ക് പോകുന്ന ആളല്ലോ അപ്പൊ രാജാവ് പോകുന്നു എന്ന് പറഞ്ഞാൽ ചതുരങ്കപ്പട കൂടെ ഉണ്ടെന്ന് മനസ്സിലായിക്കോണ് സപരിവാരം അതുപോലെ ്രഹ്മത്തെ വിചാരം ചെയ്യുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊള്ളണം ബ്രഹ്മത്തെ വിചാരം ചെയ്യുമ്പോൾ അതിനോട് അനുബന്ധമായി വരുന്ന പ്രയോജനം പോലെയുള്ള എല്ലാ കാര്യങ്ങളും വിചാരം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിക്കോളും അതാണ് യഥാ രാജാസുഗച്ചതി ചുത്തി രാജാവ് പോകുന്നു എന്ന് പറഞ്ഞാൽ സപരിവാരസ്യാജ്ഞണം പരിവാരങ്ങളോടുകൂടിയ രാജാവിന്റെ പോക്കാണ് പറഞ്ഞിരിക്കുന്നത് തദ്വതപോലെ ശ്രുതി അനുഗമാത്രമാണവും ഉണ്ട് എന്താണ് ശ്രുതി പ്രമാണം എവിടെ നിന്നാണോ ഈ ഭൂതങ്ങളെല്ലാം ഉണ്ടായത് അതാണ് ബ്രഹ്മം അത് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ പഴയകാലത്തെ ആദിവാസികളിൽ ഇരുന്ന് ചിന്തിച്ച് ലോകമൊക്കെ എവിടുന്നാണ് ഉണ്ടാവുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ആദിവാസികൾ എന്താണ് രണ്ടായിരം വർഷങ്ങൾക്ക് ജീവിച്ചിരുന്ന മനുഷ്യർ പാടിയതാണ് അവര് ആദിവാസിന്ന് പറയുന്നത് എന്താ നാണക്കേടാണോ ആദിവാസികൾ ഇന്നും ഉണ്ടല്ലോ തന്നെ ഉണ്ടാക്കിയതായി അതിപ്പോ ഈശ്വരൻ ഉണ്ടാക്കിയെന്ന് പറയുന്നത് ഈ വേദത്തിന് മാത്രമല്ല ഈ ലോകം മുഴുവൻ നമ്മൾ എല്ലാവരെയും ആരാ ഉണ്ടാക്കിയത് ഈശ്വരൻ എന്ന് വിശ്വസിച്ചാ മതി അനുവിന്റെ വേദത്തിന് മാത്രം ആരാ ഉണ്ടാക്കിയത് ഈശ്വരനുണ്ട് എല്ലാവരും ഇവിടത്തെ തോണും തുരുമ്പും എല്ലാം വിശ്വാസിയാണെങ്കിൽ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ാണ് പിന്നെ വേദം ഉണ്ടാക്കിയത് എന്താ പറഞ്ഞു എല്ലാം എല്ലാം ഈശ്വരൻ സൃഷ്ടിച്ചാണ് വിശ്വസിക്കുന്നവന് വേദത്തിന്റെ ആരും പറയേണ്ട കാര്യമില്ല പക്ഷെ ഇപ്പൊ നിന്നെ ഈശ്വരൻ സൃഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അച്ഛനും അമ്മയും അവനെ സൃഷ്ടിച്ചല്ലെന്ന് വരുന്നുണ്ടോ ഉണ്ടോ നീ ഇങ്ങനെ ഉണ്ടായ അമ്മ മകനോട് പറയുന്നത് നിന്നെ എനിക്ക് ദൈവം തന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അച്ഛനും അമ്മയും കൂടെ അവനെ സൃഷ്ടിച്ചില്ലെന്നാണ് അല്ലല്ലോ ദൈവം തന്നു പറയുന്നത് ശരിയാണ് മനുഷ്യന് സൃഷ്ടിച്ചതെന്ന് പറയുന്നത് ശരിയാണ് ദൈവം തന്നു എന്ന് പറയുന്ന എന്താ മനുഷ്യനാണ് സൃഷ്ടിച്ചത് അമ്മ പറയുന്നു നിന്നെ എനിക്ക് ദൈവം തന്നാണ് അപ്പൊ ദൈവം തന്നു എന്ന് പറയുന്നതിന് അർത്ഥം ദൈവം തന്നു പറഞ്ഞ എന്താ എന്റെ അർത്ഥം വിശ്വാസം അത് വിശ്വാസം മനുഷ്യന്റെ വിശ്വാസമാണ് ദൈവം തന്നു എന്ന് പറയുന്നത് പക്ഷെ അമ്മയ്ക്കറിയാം എവനെ സൃഷ്ടിച്ചാരാണ് എവന്റെ തന്തയാണെന്ന് എവന്റെ പിതാവ് ആരാണെന്ന് അമ്മയ്ക്കറിയാം ഒരു സംശയം പക്ഷെ എന്നാലും എന്തു പറയും മോനെ നിന്നെ എനിക്ക് ദൈവം തന്നാണ് അപ്പൊ ദൈവം തന്നു പറയുന്നത് എന്താണ് മനുഷ്യന്റെ വിശ്വാസം അതുപോലെ വേദം എന്ന് പറയുന്നത് മനുഷ്യൻ ചൊല്ലിയത് തന്നെ പറഞ്ഞത് തന്നെ പക്ഷെ ദൈവം പറയുന്നു എന്ന് പറയുന്നത് എന്താണ് വിശ്വാസം അപ്പൊ ഈ രണ്ടും പറയുന്നു എന്താണ് ഇത് ദൈവം പറഞ്ഞു എന്ന് പറയുന്നിടത്തേ നമ്മൾ മനസ്സിലാക്കും ഇത് ആദിവാസികൾ പറഞ്ഞതാണ് മോനെ ദൈവം തന്നു എന്ന് പറയുമ്പോലെ ഉള്ളു ഈ കൂടുതലായിട്ടൊന്നുമില്ല ഇത്ര എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ മനുഷ്യരുടെ വിശ്വാസം പിന്നെ ഇത് അമ്മ മകനോട് പറയുന്നു നിന്ന് എനിക്ക് ദൈവം തന്നാണെന്ന് പറയുന്നത് അതൊരു നിഷ്കളങ്കമായ പറച്ചിലാണ് മനസിലായ അത് മകനോടുള്ള സ്നേഹം കൊണ്ട് അവരുടെ ശുദ്ധമായ നിഷ്കളങ്കമായ മനസ്സാണ് അത് കളങ്കമില്ല പക്ഷെ വേദം ദൈവം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഏഹ് അതൊരു ഭയങ്കര തട്ടിപ്പാണ് ഒരു തട്ടിപ്പിന്റെ തുടക്കമായിട്ടാ പറയും എന്തുകൊണ്ടത് മാത്രീ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന യാഗങ്ങളും ഹോമങ്ങളും എല്ലാം ദൈവം ചെയ്യാൻ പറഞ്ഞതാണ് അതുകൊണ്ട് നീ ചെയ്ത തീരുമാനം ദൈവത്തിന്റെ കൽപ്പനയാണ് എന്ന് പറഞ്ഞ് യവനെ കൊണ്ട് യാഗം ചെയ്യിപ്പിച്ച് യവന്റെ ഇന്ന് ദക്ഷിണ വായിക്കാനുള്ള പുരോഹിതന്റെ തന്ത്രമാണ് എന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് അതാണ് വേദം ദൈവം പറഞ്ഞു എന്ന് പറയുമ്പോൾ അവർ തട്ടിപ്പാണ് അപ്പോ ഒരു ക്ഷയമാണെന്ന് പറയും ഇതുപോലല്ല അമ്മ പറയുന്ന പോലെ നിഷ്കളങ്കമായവർ പറച്ചില്ല നൂറ്റാണ്ടുകളായും മനുഷ്യര് ഈ തട്ടിപ്പ് പറഞ്ഞാണ് ഇന്നും പറ്റിക്കുന്ന നിങ്ങളും പറ്റിക്കുന്ന ഈ തട്ടിപ്പ് പറഞ്ഞു അന്ന് പറഞ്ഞ് വേദത്തിൽ പറഞ്ഞെന്താണ് യാഗങ്ങളും ഹോമങ്ങളുമാണ് കാലം മാറി എന്തായി മാറിയത് ഗണോതി ഹോമവും മറ്റും ഇതൊക്കെ അന്ന് ആ വേദത്തിൽ അത് ചെയ്തു കഴിഞ്ഞാൽ ഫലം കിട്ടും എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിച്ച് അവരെ കൊണ്ട് ഈ ഹോമങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് പൈസ ഉണ്ടാക്കിയതുപോലെയാണ് ഇന്ന് ഈ ഹോമം ചെയ്തു കഴിഞ്ഞാൽ ഫലം ഉണ്ടാകുമെന്നും പറഞ്ഞ് ആൾക്കാരെ പറഞ്ഞ് പറ്റിച്ച് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നു ഒരു വ്യത്യാസവും ഇല്ല എന്താ ഇത് ഫലം കിട്ടുന്ന എന്താ പറയുക ഗ്യാരണ്ടി ഉള്ളൂ ഇതിനെന്താ ഗ്യാരന്റി ഉള്ളത് നിങ്ങളൊരു ഹോമം നടത്തുന്നു അവന് ഫലം കിട്ടുമെന്നുള്ള ഇതിന് എന്തെങ്കിലും ഗ്യാരണ്ടി മനുഷ്യന് കൊടുക്കാൻ പറ്റുമോ ഇത് പറഞ്ഞ് അപ്പൊ അന്ന് ചെയ്ത് ഇന്നും നടന്നോണ്ടിരിക്കും അല്ല അതിനകത്ത് പേരെ അതുകൊണ്ട് ആദിവാസി പറഞ്ഞെന്ന് തന്നെ പറയു ഇന്ന് പറഞ്ഞാൽ അത് പൂർണമാവും പിന്നെ പറഞ്ഞല്ലോ വിശ്വാസംന്ന് പറയുന്നതിന്റേത് അപ്പുറമാണ് വിശ്വാസമുള്ളവന് വിശ്വാസപൂർവ്വം ചെയ്യുന്നു പിന്നെ വിശ്വാസമുള്ളത് കൊണ്ട് ഇത് ചെയ്തു കഴിയുന്നവന് എന്തെങ്കിലും ഫലം ഉണ്ടാകുമ്പോ അവൻ ഇതിന്റെ ഫലമാണെന്ന് അവൻ കരുതിക്കോളും ഇതിന്റെ പറ്റിൽ അവനെഴുതും എന്താണ് ഏ ഫലം കിട്ടു അത് വിശ്വാസം അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ചോദ്യം ചെയ്യുന്നില്ല പരിഹസിക്കുന്നില്ല അത് നിങ്ങള് വിശ്വാസമാണെന്ന് അങ്ങ് അംഗീകരിച്ചു കഴിഞ്ഞു സമ്മതിച്ചു പക്ഷെ തുടങ്ങി വെച്ചത് ആദിവാസികളെ തുടങ്ങിയാണെന്നുള്ളത് പറയാതിരിക്കാൻ പറ്റും ഈ ഫലങ്ങളെ കുറിച്ച് എഴുതി അറിവില്ലാത്തത്യാണം നടക്കുന്നില്ല മകൻ്റെ അത് തന്നെ അതാണ് വിശ്വാസം അത് വിശ്വാസം അതിനെ നമുക്ക് പരിഹസിക്കാൻ പറ്റില്ല കാരണം അത് എന്തെയ്യുന്നു തലമുറ തലമുറകളായി മനുഷ്യന്റെ മനസ്സിൽ ഈ ആദിവാസികൾ പറഞ്ഞ കാര്യങ്ങൾ അവരെ മനസ്സിൽ പതിപ്പിച്ച് പതിഞ്ഞുപോയി ഇപ്പൊ അവര് ചിന്തിക്കുന്നത് എന്താണ് ഇങ്ങനെ എന്തെങ്കിലും ചെയ്താ നടക്കു എന്നവര് വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വസിക്കുമ്പോ നമുക്ക് അവരെങ്ങനെ പരിഹസിക്കാൻ പറ്റും പറ്റത്തില്ല തലമുറകൾ അവരുടെ തലേക്ക് ഏറ്റുവിട്ടാണ് അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടി വന്നാൽ ഒരു ചെറിയ ദക്ഷിണയൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ഹോമം നടത്തുന്നതിന് നമുക്ക് ചെലവുണ്ടല്ലോ നെയ്യും തേങ്ങയും എല്ലാരും ചേർത്തൊരു പീസ് വാങ്ങിട്ട് ദ്രോഹം ചെയ്ത് അവരുടെ വിശ്വാസത്തിനും ചെയ്ത് കൊടുക്കുന്ന തെറ്റുണ്ടെന്ന് പറയാൻ പറ്റില്ല അത് മിതമായിട്ടായിരിക്കണം ചൂഷണം ചെയ്ത് പക്ഷെ ഇവർക്കൊരു തൃപ്തിമാർ സ്വാമി ഗൾഫിലൊക്കെ പോകും അവിടെ പോയി ജോലിയൊക്കെ ചെയ്ത് അപ്പൊ അമ്പതിനായിരം രൂപ കൊടുക്കും രൂപ ഭയങ്കര പണിയാ നമ്മള് തന്നെ ചെയ്ത അമ്പതിനായിരം രൂപ ഇട്ടു ഗൾഫിലൊക്കെ പോകും അതെ അതെ എന്തായാലും സംതൃപ്തി അങ്ങനെ പണം ആരെയും സംതൃപ്തരാക്കത്തില്ല പണം സംതൃപ്തരാക്കുന്ന അതുകൊണ്ട് മൊത്തം ഇത് ആരോപിക്കുമ്പോൾ ചെയ്യുന്നതൊരു തെറ്റെന്ന് പറയാൻ പറ്റില്ല പക്ഷെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് എന്നുള്ളതേ പിന്നെ അവരെ പറഞ്ഞു മനസിലാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ അതൊക്കെ പറഞ്ഞാ അവർക്ക് മനസ്സിലാവത്തില്ല ഞാനിതൊക്കെ പറഞ്ഞു നോക്കിയിട്ടുണ്ട് ഞാനീ പൂജ ചെയ്ത് പൈസയും ഉണ്ടാക്കിട്ടുണ്ട് മറിച്ച് അവരെ ഉപദേശിച്ചിട്ടോളൂ ഉപദേശിച്ച പിന്നെ സംഭവിക്കുന്ന വെച്ചാൽ അവൻ വേറെ സ്ഥലത്ത് പൂജയ്ക്ക് പോകും എന്റെ അടുത്ത് വരത്തില്ല അതുകൊണ്ട് അവര് എനിക്ക് അതേ ടെക്നീക് ഉപയോഗിച്ചു കാരണം ഇത് ജനറേഷൻ ഇടയ്ക്ക് ഒരു കൾച്ചർ കിടക്കും ഇതൊക്കെയാണ് മാറ്റാൻ പറ്റില്ല നമുക്ക് ഇല്ലല്ല അത് വേറെ ഗുരുചയിതേനൊക്കെ ലക്ഷ്യം വേറെയായിരുന്നു അത് സാമൂഹിക പരിവർത്തനത്തിനുവേണ്ടി ചെയ്ത് അത് വേറെ ഇന്നിപ്പോ ശിഷ്യന്മാര് ഇന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഗുരുചെയ്ത അങ്ങനെയല്ല സമൂഹത്തിന്റെ പരിവർത്തനത്തിനും സമൂഹം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടന്നപ്പോ ഇത്തരം വിശ്വാസങ്ങളിൽ നിന്നും ആചാരങ്ങളിലും ഒക്കെ എന്താണോ മഹാകുലരാജങ്ങളെ അപ്പൊ മഹാകുലരായ ജനങ്ങളാണ് ആശം പറഞ്ഞോളെ അപ്പൊ അവരുടെ അടുത്ത് വേറെ ഉപദേശമൊന്നും നടക്കത്തില്ല അവരെ വിശ്വാസത്തിനനുസരിച്ച് അവരെ ഒന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഗുരു ചെയ്തു വെച്ച ഏർപ്പാടാണ് ഇതൊക്കെ ഭാവിയിൽ ആവശ്യമില്ലാത്തവരൊന്നും വേണമെങ്കിൽ ഇതൊക്കെ പൊളിച്ചു കളയാമെന്നൊക്കെ ഗുരു അന്നേ പറഞ്ഞതാ ഗുരു അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് അല്ലാത്ത മനുഷ്യരോടൊന്നും പറയാൻ പറ്റില്ല ഇന്നങ്ങനല്ല ഇന്നിപ്പോ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് അവരെ നമ്മളിത് ബോധവൽക്കരിക്കാൻ ശ്രമിച്ചാൽ പതിവ് കാണുന്നത് ചിലരൊക്കെ അത് ഉൾക്കൊള്ളുന്നവരുമുണ്ട് ചില പിള്ളേരെയൊക്കെ ഞാൻ പറഞ്ഞ് മാറ്റിയിട്ടുണ്ട് പക്ഷേ മുതിർന്ന ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തോ ഒരു സ്വാമിയാണ് എവിടുത്തെ സ്വാമി എന്നുള്ള നമ്മൾ നോക്കും പിന്നെ നമ്മളെ ഉപദേശം കേൾക്കാൻ അവർ ആളെ കിട്ടത്തില്ല അവര് പൂജയ്ക്ക് വേറെയാളെ അന്വേഷിച്ചു പോവും ഇതൊന്നും അവിടെയേക്കത്തില്ല അതൊക്കെ അങ്ങനെ ഞാൻ പറയുന്നത് എങ്ങനെ സ്വീകരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാ വ്യക്തി നിഷ്ടമാണ് ഗുരുവിന്റെ കാലത്ത് ജനങ്ങള് മുഴുവൻ മോഹത്തിലായിരുന്നു ഇന്നിപ്പോൾ കുറെയൊക്കെ ജനങ്ങൾക്ക് ബോധമുള്ളവരുണ്ട് അപ്പോൾ ഞാന് ഗണപതിയോഗമൊക്കെ നടക്കുന്നിരുന്നിട്ട് ഇതുകൊണ്ടൊരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടൊന്നും ആൾക്കാരുടെ മനസ്സിലൊന്നും മാറ്റം ഉണ്ടായിട്ടില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് നമ്മുടെ അടുത്ത് ശത്രുതയായിരുന്നു മാറ്റമില്ലാന്ന് മാത്രമല്ല വിജയ് ശത്രുതയായിരുന്നു നമ്മൾ പറയുന്നത് അതിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത് അപ്പൊ അവര് നിരീശ്വരവാസം പറയുന്നു അങ്ങനെയൊക്കെ ആൾക്കാർ ധരിക്കും ഇപ്പോ നമ്മള് പറയുന്നത് ഇതിന്റെ ബയോളജിയും സൈക്കോളജി തന്നെയാണ് പറയുന്നത് അന്നും ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല മനസിലാവും എന്നുള്ള പറഞ്ഞ് അവർ മാറുന്നുണ്ട് രണ്ടുമുണ്ട് നിങ്ങൾ വളർത്തിയെടുക്കേണ്ടത് നിങ്ങളുടെ എന്താണ് കോൺഫിഡൻസ് ആണ് നിങ്ങളുടെ കോൺഫിഡൻസാണ് നിങ്ങൾ വളർത്തിയെടുക്കേണ്ടത് അങ്ങനെ വളർത്തിയെടുത്തിട്ട് ഇത്തരം തട്ടിപ്പുകളൊന്നും എന്തിച്ചാടത് എന്നൊക്കെ പറഞ്ഞാൽ ചിലരത് അംഗീകരിക്കുന്നുണ്ട് പിന്നെ നമ്മളത് പറയുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് പണ്ട് കാളിദാസം ചെയ്ത പോലെ മുറിക്കുന്ന പരിപാടിയാണ് ഇരുന്ന മുറിക്കുന്ന പരിപാടിയാണ് കാരണം നമ്മടെ ജീവിതമാർഗം തന്നെ ഇതാണ് സത്യം പറയാൻ പോയി കഴിഞ്ഞു പട്ടിണി കിടക്കുന്ന അവസ്ഥ വരും അങ്ങനെ ഒരു കഥയുണ്ട് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നു അതുപോലെ ഇതിന്റെയൊക്കെ സത്യം പറയാൻ പോയി കഴിഞ്ഞാ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഒരു പരിപാടിയാണ് പറ്റുന്നുണ്ട് നമ്മുടെ ജീനം അത് അനുവദിക്കുന്നുണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഭാഗം തീറിയും ഉണ്ട് കൂട്ടുകാളിയിലുള്ള ഒരു സ്ത്രീയാണ് അവര് ഇന്നലെ ചരവി ജീവിച്ച് ഭാഗം കൊടുക്കുന്നുണ്ടോ എന്റെ തീരെ അപ്പൊ എന്താ പ്രശ്നം അവരുടെ ശരീരം വേദന മറ്റ് വേറെ എന്താ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നടക്കുമ്പഴേ ജോയിന്റ്സ് പെയിൻ തന്നെയാണ് അങ്ങനെ അവർക്ക് എന്റെ ഞാൻ കഴിഞ്ഞിരുന്ന ഒരു അതുകൊണ്ട് കൊടുക്കും അതുകൊണ്ട് കൊടുക്കുമ്പോ അവര് വേദനയില്ല മാറി പിന്നെ പിന്നെ അടുത്തായിട്ട് അങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും അതൊക്കെ അങ്ങനെയൊക്കെ ആൾക്കാരെ കുറച്ച് ഡയറക്ഷൻ മാറ്റിവിടാൻ പറ്റും അത് അത് ചെയ്യാൻ പറ്റും ഓപ്പണായിട്ട് ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് സമൂഹത്തിൽ നിന്ന് പല അഭിപ്രായങ്ങളായിരുന്നു ഉൾക്കൊള്ളുന്ന കുറവാണ് വ്യക്തിപരമായിട്ട് നമുക്ക് സംസാരിച്ച് ചിലരെയൊക്കെ മാറ്റാൻ പറ്റും എന്റെ അടുത്തൊരു കൊച്ച് പയനെ ആത്മീയമായ നിഷ്ഠയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവനിപ്പൊ ഭയങ്കര നിരീശ്ശരോ അടുത്ത നിരീക്ഷണ ില്ല ഞാനവനെ നിരീക്ഷരവാ നിരീശ്വരവാദിയാക്കും പറഞ്ഞില്ല അവനെ ഞാൻ കുറച്ചതുപോലെ കോൺഫിഡൻസ് വേണം അത് വേണം ഇത് വേണോന്നൊക്കെ പറഞ്ഞുകൊടുത്തേ ഉള്ളൂ മറ്റേ കാര്യമൊന്നും പറഞ്ഞല്ലോ പക്ഷെ അവൻ ബാക്കി അങ്ങോട്ടാണ് ചേർത്ത് അവൻ്റെ പോലെ പിള്ളേർക്ക് ബുദ്ധിയുണ്ടല്ലോ സമിതി ഇത്രയും പറയുകയാണെങ്കിൽ ബാക്കി ഇതായിരിക്കും ഓഹിച്ചു അവൻ കമ്പളി പിന്നീശ്വരവാദിയായി യും എന്റെ അടുത്ത് പറയുന്നു ഇവൻ തങ്ങിന് ഇവൻ തങ്ങനെ ആയിപ്പോ എന്ന് അപ്പൊ എന്റെ ഇൻഫ്ലുവൻസ് എന്താണ് എന്നുള്ളതെന്ന് അവർക്ക് അറിയില്ല ഇപ്പൊ ഇവനൊന്നും പറയുന്നുല്ല പക്ഷെ ഇവനാണ് നിജീശ്വരവാദിയായി ഭയങ്കര ഞാൻ നിരീശ്വരവാദി ആക്കാൻ വേണ്ടിയൊന്നും പറഞ്ഞില്ല ഇത്രയൊക്കെ പറഞ്ഞോളൂ കോൺഫിഡൻസ് വേണം പിന്നെ അന്ധവിശ്വാസവും നല്ലതല്ല എന്നൊക്കെ പറഞ്ഞു അതൊക്കെ പറഞ്ഞു പക്ഷെ അവനും ബാക്കി കൂട്ടിച്ചേർത്തു അവന്റെ വകയായിട്ട് അതും ഒരു ഭാഗത്ത് ഇനി വേറൊരു ഭാഗത്ത് കുട്ടിക്കാലത്തന്നെ ആശ്രമത്തിന് ആശ്രമത്തിൽ ഭയങ്കര ലളിത സഹസ്രാവും ജപവും ധ്യാനവും ഇതൊക്കെയായിട്ട് വളർന്ന പിള്ളേര് ഒരു കോളേജ് ലെവലിലൊക്കെ എത്തിയപ്പോഴേ അവരിതെല്ലാം ആരുടെയും ഒരു പ്രേരണയില്ലാതെ എല്ലാം മരിച്ചറിഞ്ഞു കളഞ്ഞ് നിരീശ്വര വകായി അതും കാണുന്നുണ്ട് കുട്ടിക്കാലത്തെ ആത്മീയ പാതയിലൂടെ നയിച്ചു കഴിഞ്ഞാ വളരുമ്പം ആത്മീയക്കാരാവും എന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമല്ല അപ്പൊ അവരങ്ങനെ മാറുന്നെന്താണ് അവർക്ക് ദൈവത്തോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല ഈ ആത്മീയതയുടെ പേര് നടക്കുന്ന വെട്ടിപ്പും തട്ടിപ്പും ഒക്കെ കാണുമ്പോഴത്തേക്ക് അപ്പൊ ആത്മീയതയിൽ നിൽക്കുന്നവരിൽ തന്നെ വേണ്ടാതെ ഇനങ്ങളാണ് കാണുന്നത് അങ്ങനെ പിന്നെ ഈ ആത്മീയത വേണ്ട എന്നൊരു തീരുമാനത്തെ അവരെത്തിച്ചേരുകയാണ് ആ രീതിയിൽ അല്ലാതെ ആത്മീയതയെ അറിഞ്ഞ് തിരസ്കരിക്കുന്നല്ല എന്നുവെച്ചാൽ ആത്മീയതയെ കുറിച്ച് ഇവർക്ക് കൊടുക്കുന്ന പാഠങ്ങൾ ഭാവിയിൽ അവർക്ക് ഉപകരിക്കുന്നില്ല ഇതൊക്കെയാണ് ഇപ്പം പിള്ളേര് ചോദിക്കുന്നത് വിശ്വാസം വിശ്വാസികളെ വിശ്വാസികളെ പിതാ അതന്നെ അമ്പലം എന്ന് പറയുന്ന വിശ്വാസികളെ അയപ്പിക്കണമെന്നാണോ പറയുന്നത് അപ്പൊ വിശ്വാസികളെ മുമ്പോട്ടേക്ക് ഇനി ഏത് വിശ്വാസിയെ അയപ്പിക്കും പറഞ്ഞു അതെ നമ്മളൊരിക്കാതെ ചർച്ച ചെയ്തതാണ് അമ്പലം വിശ്വാസികളെ അയപ്പിക്കണ വേണ്ടേന്ന് അമ്പലം സത്യസന്ധരായ മനുഷ്യരെ അയപ്പിക്കണം ഓർമ്മയുണ്ടാന്ന് ചർച്ച ചെയ്ത് ആ അതാണ് അതിന്റെ വ്യത്യാസം അതുകൊണ്ട് ഇതൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല പുതിയ തലമുറയൊക്കെ അവരുടെ വഴിക്ക് അങ്ങ് പോകും അത് നമുക്ക് അതുകൊണ്ട് എന്താണ് ആദിവാസിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അപ്പൊ ഇതിന്റെ അകത്ത് പിന്നെ അതിന് വരുന്ന ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് വെച്ചാൽ എന്താണ് ശരിയായ ആത്മീയത എന്നുള്ളടത്താണ് പ്രശ്നം എന്തായിരിക്കണം ആത്മീയത എന്ന് പറയുന്നു ആ ശരിയായ ആത്മീയതയിൽ നിന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ശരിയായ ആത്മീയത ആത്മീയതയിലെ ദുഷ്പ്രവണതകൾ വരുമ്പോഴാണ് അതിനെ ആൾക്കാർ ചോദ്യം ചെയ്യുന്നതും തിരസ്ക്കരിക്കുന്നതുമെല്ലാം അവിടെയാണ് പ്രശ്നം വരുന്നത് അപ്പൊ ഗുരു കാണിച്ചിരുന്ന അതാണ് എന്താണോ നിലവിലിരുന്ന ആത്മീയതയെല്ലാം ഗുരു എന്തെയ്തു പരിഷ്കരിച്ച് അതിനെ ലളിതമാക്കി ശുദ്ധമാക്കി അത് തന്നെയാണ് ആത്മീയതയെ വഴിതിരിച്ചുവിട്ടുന്നത് അത് ആ ഒരു ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗുരുവിന്റെ പരിഷ്കരിച്ച ആദ്മിയല്ല അതല്ല വീണ്ടും അത് പ്രചാരത്തി വരുന്നത് ഗുരുവിന്റെ ആ പരിഷ്കാരങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു വീട്ടും അത് ആൾക്കാരെ പറ്റിക്കുന്നത് രീതിയിലേക്ക് പോകുന്നിടത്താണ് ശരി അവിടെ റെക്കോർഡിംഗ് ആയല്ലോ അവൻ നയിച്ചതെന്ന് ഈ റെക്കോർഡിംഗ് കേട്ടോ അറിയാമെന്ന് വേണമോ